മുപ്പത്തെട്ട് സമയപ്പെടുത്തോ യുദ്ധം അതിന്റെ വ്യാഖ്യാനത്തിൽ കേവല കായിക ബുദ്ധ അവിടെ നമ്മുടെ ചർച്ച ചെയ്യുന്നതിലൂടെ ഒരു ശബ്ദം നൈവോ പാപം വാപ്സിസ് പാപംസി അവിടെ ഈ പാപം എന്ന് പറയുന്ന എന്താണ് അവിടെ രാമാനുജാക്ക് പ്രത്യേക വിജയങ്ങളാണ് അത് അവിടെ പറഞ്ഞു പാപം എന്ന് വെച്ചാൽ ദുഃഖ ദുഃഖ സംസാരം അപ്പൊ പാപം എന്ന് പറയുന്ന അർത്ഥത്തെ വികസിപ്പിക്കുക സംസാരം പ്രാപിക്കട്ടു പക്ഷെ സാറിന് പാപം എന്ന് പറഞ്ഞങ്ങനല്ല അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് പാപശബ്ദോത്രങ്ങൾ ഗുരുവതാദി സന്ധിത പാപങ്ങൾ പാപമേവ് അശുദ്ധാസ്തീതം പത്വതാണ് ആദതാണ് ഈ ആദാഗാനികളൊക്കെ വന്നു കഴിഞ്ഞാൽ പാപം കിട്ടും എന്നാണ് അപ്പോ ഇവരെ കൊന്നുകഴിഞ്ഞാൽ പാപം കിട്ടും എന്നാണ് കൊന്നില്ലെങ്കിലോ പാപം കൊന്നാലേ ഉള്ളു കൊന്നിട്ടില്ല ഇതും തുടങ്ങാൻ പോവുകയാണ് ഇത് ചെയ്ത് അവരെ കൊന്നു അങ്ങനെ വന്നാൽ പാപം കിട്ടണം അപ്പൊ പാപം ഇപ്പൊ കാര്യമില്ല ഒന്നാമേ പാപം ഒന്നലങ്കിൽ പാപം അതുകൊണ്ട് ഈ ഒരു പാപത്തിന്റെ ഇടി സംഗീത പാപമെന്ന് പറയുന്നു പാപം ഉണ്ടാകുമോന്ന് ശങ്കിക്കും അപ്പൊ അതിനെ കുറിച്ചാണ് കൂടെ രാമാനുജാ ചേറ്റവും പറയുന്നത് അങ്ങനെയല്ല പാപശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥം ഇവിടെ എടുക്കരുത് സംഗീതഭാവമായിട്ട് ഒന്നാൽ പാപപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല എന്ന് വരുന്ന പാപശങ്ക അങ്ങനെ ഒരു അർത്ഥം എല്ലാവരും വ്യാഖ്യാനം ആ ഒരു പാപത്തെ കുറിച്ചാണ് കൊണ്ടുവരുന്ന പാവം അതല്ല ഇവിടെ എന്താണ് പാവമെന്ന് വെച്ചാൽ സംസാരം നടത്തണമെന്ന് എന്തുകൊണ്ടങ്ങനെ ഒരു വിപുലമായ അർത്ഥം കൊടുത്ത് അത് വിശദീകരിക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം ശങ്കരപക്ഷത്തിലുള്ള വ്യാഖ്യാനം അപൂർണമാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാപം പാപെന്നുള്ള അർത്ഥം കൊടുക്കുന്നത് അത് ശരിയില്ലെന്ന് വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പാപശബ്ദവും അത്ര ഗുരുപഥാതി ശങ്കില പാപ് യുദ്ധ സ്വധർമ്മത മാത്രേ തന്തുമത്വം സുഖദുഃഖ സാമ്യാതി ബുദ്ധിവിശേഷം അത് സ്പഷ്ടമാണ് യുദ്ധം ചെയ്താലേ ഉള്ളൂ പാപം യുദ്ധം ചെയ്താലും അവരെ കൊല്ലയും വേണം അല്ലെങ്കിൽ തന്നെ പാപം തനുപ്പുണ്ടാകുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല പാവിയിലത്തെ കാര്യമില്ല യുദ്ധ സ്വധർമ്മനാണ് ഇവിടെ യുദ്ധം എന്തുകൊണ്ട് ചെയ്യുന്നു സ്വധർമ്മമാണ് യുദ്ധം എന്നുള്ളതിന് മാറ്റം ഒന്നുമില്ല അത് ക്ഷത്രിയനാണോ അങ്ങോട്ട് സ്വധർമ്മമാണോ അത് ചെയ്യുന്ന പറ്റും തന്നു അവിടെ ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ വർദ്ധമാവ് എന്തുകൊണ്ട് സ്വതുക്കെ സമയം നിൽക്കുക ലാഭാലാഭവും സുദുഃഖങ്ങളെ സമമാക്കി യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ യുദ്ധം നടന്നാലേ പറ്റും പാപശങ്ക എന്ന് പറഞ്ഞാൽ എന്താണോ കൊല്ലാൻ കൊല്ലാതിരിക്കുക രണ്ടു വർഷമുള്ള ഇവിടെ യുദ്ധം സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റും അതിന് പിന്മാറാൻ പറ്റും പിന്മാറാനുള്ള യാതൊരു അവകാശവും ഇവിടെ തർപ്പിച്ച് പറയുന്ന ഒരു കാര്യം അതാണ് യുദ്ധം ചെയ്തേ പറ്റൂ എന്തുകൊണ്ടാണ് നിന്റെ സ്വധർമ്മമാണ് എങ്ങനെ സ്വധർമ്മം നിക്ഷേത്രത്തിൽ ആ സ്വധർമ്മത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുകയും ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പൊ ആ സ്വധർമ്മം അനുഷ്ഠിക്കുക അതാണ് പഴയ കാലത്ത് ധർമ്മവുമാണ് പണ്ടത്തെ ധർമ്മമാണ് അതുകൊണ്ടാണ് ഇവിടെ ആ കാര്യം പറയുന്നത് സ്വധർമ്മത മാത്രം ഇപ്പോൾ സ്വധർമ്മം മാത്രമാണ് എന്നുവെച്ചാൽ വേറെ അതിന് നിമിത്തങ്ങളൊന്നും ആധുനിക വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനിക്കുന്ന പോലെ കാട് കയറി എന്നും പറയാൻ പറ്റില്ല സ്വധർമ്മ ചെയ്തത് ഒന്നും പിന്മാറാൻ പറ്റില്ല തന്നു അതിൽ നിന്ന് തസ്മാ ആ യുദ്ധത്തിൽ നിന്നും പിന്മലിഞ്ഞാൽ സുഖദുഖ സാമ്യാധി ബുദ്ധിവിശേഷ ഇവിടെ പറയുന്ന ബുദ്ധിവിശേഷം ബുദ്ധിവിശേഷം എന്ന് പറയാൻ കാരണം കോടി എണ് രാമാനുരാജാൻ പറയും കർമ്മയോഗം എന്ന് പറയുന്നതും ബുദ്ധിയോഗം കാരണം ഒരു പ്രത്യേക ജ്ഞാനം ഉണ്ടെങ്കിൽ അത് കർമ്മമാകത്തുള്ളൂ നമ്മൾ ഗീതയുടെ ആസിലൊക്കെ ചർച്ച ചെയ്തിട്ടുമാണ് അത് കുറിച്ച് രാമാനുജ ഭാഷത്തിൽ നിന്നും ഇവിടെ എടുത്തു വന്ന് ചർച്ച അതിനും ആത്മബോധം വേണം ആത്മബോധത്തോടുകൂടി കർമ്മം ചെയ്തു അല്ലാതെ ആത്മബോധം ഇല്ലാതെ ഒരാൾ കർമ്മം ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്താൽ ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു നാട് നന്നാക്കാൻ ചെയ്യുന്നു എന്നും പറഞ്ഞാൽ കർമ്മയോഗമാകത്തും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ആത്മബോധം ആത്മബോധം കർമ്മയോഗം ഇതാണ് അതിന്റെ ക്രമം അപ്പോ ബുദ്ധി ബോധം എന്ന് പറയുന്നില്ല കർമ്മയോഗത്തിനും ആത്മബോധം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കങ്ങൾ ലാഭാലാഭങ്ങൾ സുഖമായി കാണുക അതാണ് പറഞ്ഞത് സുഖ ദുഃഖ സാമ്യാധി ബുദ്ധിവിശേഷം അതിൽ നമ്മൾ പറഞ്ഞ് ഏവം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പദ്ധതി ഏവം പാപം അമാംസി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോധത്തോടുകൂടി നീ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിനക്ക് സംസാരം ഉണ്ടാകത്തില്ല അല്ല കേവലം നിങ്ങൾക്ക് പാപം ഉണ്ടാകത്തില്ലെന്നല്ല പാപവും പുണ്യവും എല്ലാം സൂക്ഷിക്കും അതുണ്ടാകത്തില്ലെന്ന് ഇവിടെ പറയുന്നതാണ് ഈ വ്യക്തിശ്വരാണ് ഏവവി അനുമോദിതസ് ഏവം എന്ന് പറഞ്ഞ ഇവിടെ ഏവർമ്മിച്ച എന്താണ് മുമ്പ് പറഞ്ഞതിന് വീണ്ടും ഓർമ്മിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ അനുമോദിതോ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനും ഓർമ്മിപ്പിക്കുന്നു നേരിടത്തൊക്കെ പ്രസിദ്ധ യുദ്ധം ചെയ്തില്ലെങ്കിൽ തന്നെ ഈ പറയുന്നതിന് അർത്ഥമുണ്ട് അപ്പോ യുദ്ധം ചെയ്തേ തീരും അപ്പോഴാണ് എന്താ സംസാരം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് സംസാരം അത് ഇല്ലാതാകണമെങ്കിൽ ഇവിടെ യുദ്ധം ചെയ്തേ തീരും എന്നാണ് പറയുന്നത് അത് വളരെ സ്പഷ്ടമായി പറയുന്നത് അല്ലാതെ ഇവിടെ ഒരു സംഗീത പാപത്തെക്കുറിച്ചല്ല പറയുന്നത് യുദ്ധം ചെയ്താൽ ഗുരുക്കന്മാരെ കൊന്ന എനക്ക് പാപം അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് ചെയ്യണമെന്നല്ല പറയുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നീ യുദ്ധം ചെയ്തേ തീരും അപ്പം ഇവിടെ രാമാചാര്യർ വ്യക്തമായും പറയുന്നു പഴയ ഭരണാവസ്ഥ അനുസരിച്ചുള്ള ഒരു ജാതിയുടെ സ്വഭമായി വരുന്ന യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഗീതയുടെ മനസ്സില പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യം അതിന് മാറ്റം ഒന്നാണ് എന്നിട്ട് ധൃതഭാപി അവിടെ പാപം എന്നെ പ്രാപിക്കില്ല എന്ന് പറഞ്ഞു എന്താണ് പണ്ടേ ഏതെങ്കിലും ചെയ്യുന്ന പാപത്തെ കുറിച്ചാണ് ചെയ്ത ഭാവത്തെക്കുറിച്ചാണ് അല്ല മുമ്പ് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അതല്ല അതുകൊണ്ട് അനന്യം പാപം അവാപ്സിസി അവാപ്സിസി ഭാവി കാലക്രിയാണ് പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് പാപം ഭാവിയിൽ തന്നെ നിനക്ക് ഉണ്ടാകത്തില്ലെന്ന് പഴയ ഭാവത്തെ കുറിച്ചൊന്നും അല്ല പിന്നെ ഇത് കർമ്മയോഗത്തിന്റെ സന്ദർഭമാണ് അതിനും പ്രാധാന്യം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്ഷത്രിയേന്റെ കർമ്മയോഗം തന്നെ യുദ്ധം ചെയ്യുക സമൂഹത്തിയോഗിച്ച് ഗീതയുടെ മൊത്തം ആശയം വെച്ച് നോക്കുമ്പോൾ രാമാനുചാര്യരുടെ വ്യാഖ്യാനമാണ് ഈ മൂലവാക്യങ്ങളോട് കൂടുതൽ യോജിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കേൾക്കാനും കരുഷ്യമാണ് ഏച്ചിരുന്ന അഭ്യായത് ഇനി വരാൻ പോകുന്ന പാപത്തെക്കുറിച്ചാണോ പറയുന്നത് എന്ന് അതും പറയാം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പാപം അതും എന്നാ പറയും കാരണം ഇവിടെ എന്താണ് പറയുന്നത് പാപത്തിന്റെ പരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത് പാപത്തിന്റെ പരിഹാരം ഏറ്റവും പ്രധാനമായി വരുന്നതാണ് പ്രായശ്ചി ഈ പ്രായശ്ചിത്വം എന്ന് പഴയ ഒരു കാഴ്ചപ്പാടാണ് നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം പാപം എന്ന് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പരാചത്തം ചെയ്താണ് ഇതും സ്മൃതികളെല്ലാം വിധിക്കുന്നതാണ് ഇന്ന പ്രായച്ചത്വം ചെയ്യണം എന്ന് കേവലം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാടാണ് അത് അത് പഴയകാലത്ത് ഈ പ്രായച്ചിത്വം പാപയുന്ന സങ്കല്പത്തിനെ ആശ്രയിച്ചാണ് പ്രായച്ചിത്വം ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്ന് നമ്മളത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കും അത് പ്രായച്ചിത്തമാണ് പഴയ പ്രായച്ചിത്തം പാപത്തിനാണ് പരിഹാരം തെറ്റുകൾ രണ്ടും രണ്ടാണ് തെറ്റുപേരെ പാപം വേറെ പ്രായചിത്വം വരെ പരിഹാരം വരെ പ്രായച്ചത്വം പ്രാചീന കാഴ്ചപ്പാടാണ് അപ്പൊ ഇവിടെ പ്രായച്ചിത്വണ പറയുന്നത് അല്ല എന്ന് പറയുന്നു കാരണം ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് അപ്പോ ആ യുദ്ധത്തിൽ വരുന്ന സംഗീതമായ പാപം അതിന് പ്രായച്ചിത്വം നേരത്തെ ചെയ്യാൻ പറ്റില്ല പ്രായചിത്വം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയുന്നത് നീ ഇപ്പോ യുദ്ധം ചെയ്യുമ്പോ കുറച്ച് സമബുദ്ധിയോടുകൂടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നടന്ന പാപം ഉണ്ടാകില്ലെന്നാണ് അപ്പോ ഭാവിയിലെ പാപത്തെ ഒഴിവാക്കാൻ മുൻകൂട്ടിയാരും പ്രായച്ചിത്തം ചെയ്യുന്നത് പ്രായച്ചിത്ത ശാസ്ത്രവിധിയനുസരിച്ചിട്ട് അതാണ് പ്രായച്ചിത്വം അപ്പൊ ഇവിടെ പ്രായച്ചിത്വത്തെ കുറിച്ച് വന്ന് പറയാം ഈ പാപം എന്താണ് അത് വ്യക്തമാക്കാൻ വേണ്ടി പറയട്ടെ അതുകൊണ്ട് വ്യക്തമാക്കണം ഇതുകൂടെ വായിക്കട്ടെ ഈ ഭാവം കൂടെ വായിച്ചിട്ട് ആ ഭാഗം തീരട്ടെ അപ്പൊ വിഷയം വേറെ വിഷയത്തിലേക്ക് പോകും അതായത് പാപം പ്രായത്വം പരിഹാരം അത് വ്യക്തമാക്കണമെന്നാണ് അത് വ്യക്തമാക്കാം പക്ഷെ ഈ ഒന്ന് രണ്ട് സെന്റൻസ് വായിച്ച വിഷയം തീർത്തിട്ട് ഞാൻ വ്യക്തമാണ് അത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്ന എന്താണ് വെച്ചാൽ വിദ്യാവ്യതിരിക്തേഷശ്ലേഷം ്രഹ്മസൂത്രത്തിൽ പഠിച്ച് എന്താണ് തത് അധികമേ പൂർവ ഉത്തരയോ പൂർവോത്തരഹിയോ അശ്ലേഷ വിനാശം തദ്ദേവദേശ സൂത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്ന് നാല് പതിമൂന്ന് ബ്രഹ്മസൂത്രം അവിടെ രാമാനുജാചാര്യം സങ്കരായും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ വയ്ക്കുന്നത് ചെറിയ വ്യത്യാസമുണ്ട് ശാന്തര വ്യാഖ്യാനം നമ്മൾ കേട്ടാണെന്ന് ഇനി രാമാനുജ വ്യാഖ്യാനം പറയുന്ന ഇതാണ് ആത്മബോധം ആത്മജ്ഞാനം ഉള്ളവന് അവന് പൂർവ ഉത്തര അഖയോഹോ അശ്ലേഷ വിനാശവും പൂർവ്വ ഉത്തര പാപങ്ങൾ ആത്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പാപങ്ങളും അത് രാമാനുജായ പറയുന്നത് അത് നശിക്കും ശ്രീ ഭാഷയ്ക്ക് പറയും ഞാനുണ്ടായി കഴിഞ്ഞാൽ പഴയ പാപങ്ങളെല്ലാം നശിക്കും ഞാൻ അഗ്നി സർവകർമ്മമാണ് ഈ ഭസ് പ്രസാദ് അർജുന എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉത്തരാദി വരാൻ പോകുന്ന ഭാവി പാപങ്ങൾ അതിന് ഈ ജ്ഞാനം പ്രതിബന്ധകമാകും എന്ന് വെച്ചാൽ അതും ഫലം കൊടുക്കത്തില്ല എന്തുകൊണ്ട് അശ്വതി അത് പറഞ്ഞിട്ടുണ്ട് തദ്വ്യപദേശ അശ്ലേഷ എന്ന് വെച്ചാൽ ജ്ഞാനം പാപത്തെ ഇല്ലാതാവും പക്ഷെ അത് ജ്ഞാനം കൊണ്ടേ സാധിക്കും അത് ജ്ഞാനം വേണം ആ ഒരു ജ്ഞാനത്തെ ഇവിടെ രാമാനുജാചാര്യെ സ്വീകരിക്കുന്നുണ്ട് ആത്മജ്ഞാനം പിന്നെ കർമ്മയോഗം അത് കഴിഞ്ഞ് ജ്ഞാനയോഗം അതിനാണ് ജ്ഞാനം എന്ന് പറയും പിന്നീട് വരുന്ന ഞാൻ അതിലെ ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ പകർന്നിട്ടുള്ളൂ അതിന് കർമ്മയോഗം മാത്രം പോലെ അടുത്ത ജ്ഞാനയോഗം കൂടെ അതാണ് ഇവിടെ എന്താണ് വിദ്യാവ്യതിരിക്തേഷ് ഉത്തരാഭാസേഷ വിദ്യാവ്യതിരിക്തമായ കാര്യങ്ങൾ ഉത്തരാഭാസേഷ അത് എന്താണ് വിദ്യ ഒഴികെയുള്ള കാര്യങ്ങൾ അതായത് കർമ്മം കർമ്മയോഗം അതുകൊണ്ടൊന്നും നടക്കില്ല അതിന് വിദ്യ തന്നെ വേണം ജ്ഞാനം തന്നെ വേണം ജ്ഞാനയോഗം തന്നെ വേണം അതുകൊണ്ട് പാവം നശിക്കത്തുള്ളു പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് കർമ്മയോഗത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ചുരുക്കം എന്താണ് ഒരു പാപനാശത്തെക്കുറിച്ചല്ല പറയുന്നത് മരിച്ചെന്താണ് അതോ അത്ര അമൃതത്വപ്രകരണ ഇത് അമൃതത്വപ്രകരണമാണ് മോക്ഷം ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് മമുട്ടപേക്ഷയാ അനിഷ്ടഫലത്വവിശേഷണ പുണ്യ പാപരൂപ സകല സാംസാരികർമ്മ അതുകൊണ്ട് മൂക്ഷപേക്ഷയോ മൂക്ഷുവിനെ അപേക്ഷിച്ച് അനിഷ്ടഫലത്വശേഷ പുണ്യമായാലും പാപമായാലും എല്ലാം എന്താണ് അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നത് മൂക്ഷോടെ സംബന്ധിച്ച് മൂക്ഷുവിനേണ്ട മോക്ഷമാണ് അപ്പൊ പുണ്യഫലവും പാപ ഫലമൊന്നുമല്ല അതുകൊണ്ട് പുണ്യപാപരൂപ സകല സാംസാരികർമ്മ അതുകൊണ്ട് ഇവിടെ പാപമെന്ന് പറയുന്നത് കൊണ്ട് കേവലം പാവമല്ല പുണ്യ പാപ രൂപത്തിലുള്ള എല്ലാ കർമ്മങ്ങളെയും എടുക്കും അതാണ് ഇവിടെ പറയുന്നത് തദശ് തദ് സംസാരോ അത്ര ലക്ഷ്യതേ ഇത്യാപ്രായനായ ദുഃഖരൂപം സംസാരം അതുകൊണ്ട് ഇത്രയും വിശദീകരിച്ചതിന് ആചാര്യൻ തന്റെ ആശയവും സംശയമിച്ച് പറയുക കഴിഞ്ഞു അതുകൊണ്ടൂടെ പാപം എന്ന് പറഞ്ഞാൽ സംസാരവും നടത്തുക പാപം നിനക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നീ സംസാരത്തിൽ നിന്ന് മോചിക്കും സംസാരമോചനമൊക്കെ നമ്മൾ തുടക്കത്തിൽ ഒരുപാട് ചർച്ച ചെയ്താണ് ഞാൻ അവർക്ക് കേട്ടിരിക്കുന്നത് അതാത് കേവലമായ ഒരു പാപത്തിൽ നിന്നുള്ള മോചനമല്ല സംസാരമോചനവും പുണ്യത്തിൽ നിന്നും മോചിക്കണം താപത്തിൽ നിന്നും മോചിക്കണം ഇത് അമൃതത്വ പ്രകടനമാണ് മോക്ഷത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ അർജുനൻ മോക്ഷമാണ് മോക്ഷുവായിട്ടാണ് ഇവിടെ രാമാനുചാചാരി പറയുന്നത് അർജുനൻ അതുകൊണ്ട് ഈ പാപത്തില് പാപമെന്നൊരർത്ഥം പറഞ്ഞ് ശങ്കര വ്യാഖ്യാതാക്കൾ പോയത് ശരിയല്ല എന്നാണ് അതൊന്നും പറയുന്നില്ല പക്ഷെ അതുകൊണ്ടുകൂടെ സംസാരം നിവൃത്തി എന്നുള്ള വലിയ അർത്ഥം തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ചോദിച്ചത് പാപം രാചിത്വം പുസ്തം പരിഹാരം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാഴ്ചപ്പാട് ഈ പാപം എന്ന് പറയുന്നത് ഒരു മൂഢവിശ്വാസവും അന്ധവിശ്വാസവും ആദ്യം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല ഇവരേർപ്പാടെ മനുഷ്യനെ വരയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി ഒരിടപാടാണ് പാപം എന്ന് പറഞ്ഞു മനസിലാവും പറഞ്ഞുതരാം അത് പാപം ഇംഗ്ലീഷിൽ സിന്നു പാപം അതിനാണ് ഞാൻ ചർച്ച ചെയ്ത് കാരണം പാപശബ്ദത്തിന്റെ രണ്ട് അർത്ഥമാണ് ഒന്ന് പാപകർമ്മങ്ങൾ മറ്റൊന്ന് ആ പാപകർമ്മങ്ങളുടെ ഫലം അത് മുഖ്യമായി വരുന്നത് പാപകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്ഥാനം പിന്നെ ആ പാപകർമ്മങ്ങളുടെ അനന്തര ഫലം ഈ പാപം കൂടിയൊരു ഇവിടെ പറഞ്ഞാൽ മനസ്സിലായത് ഞാൻ വേറെ രീതിയിൽ പറയാം ആദിമ പാപം എന്നൊരു ക്രിസ്ത്യാനികളുടെ വിശ്വാസം ആദവും അമ്മയും നിലകപ്പെട്ട പനി ഭക്ഷിച്ച് അവർക്ക് പാപമുണ്ടായി ആ പാപമെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയെക്കല്ല മുഴുവൻ മനുഷ്യനും ആ പാപം ഇപ്പോഴും മറക്കേണ്ടി വരും പാപത്തിന്റെ പരിഹാരത്തിനായി പിതാവായ ദൈവം പുത്രനെ ഭൂമിയിൽ അയച്ച് പുത്രനിലൂടെ വന്ന് കുരിശുമരണം ഇതാണ് നമ്മുടെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന എന്താണ് ഈ ആദമവുകയും ചെയ്ത പാപമാണ് അത് അവിടെ തീർന്നില്ലാത്ത സർവ മനുഷ്യരുടെ നമ്മളുടെ എല്ലാവരുടെ ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം ഇതേടെ പാപമെന്ന് പറയുന്നവർ ഇതിനൊന്നു അംഗീകരിക്കും ഈ പാപസങ്കല്പത്തെ അംഗീകരിക്കും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിങ്ങളുടെ പാപം പറയുന്നു സിർക്ക് അവർ പറയുന്ന എന്താണ് പാവം എന്ന് പറയുന്നത് ഇപ്പം വിഗ്രഹത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യരെ അത് വ്യക്തികളെ ആരാധിച്ചു വലിയ പാപമാണ് മുഹമ്മദിന്റെ ഒരു ഫോട്ടോ പോലെ ഒരിടത്തും വരയ്ക്കാൻ സമ്മതിയാകുന്നത് വ്യക്തി ആരാധന ചെറുക്കാണ് മുഹമ്മദിനെ ഒരിക്കലും ആസ്വദിക്കാൻ പാടില്ല ആരാധിക്കാൻ പാടില്ല എല്ലാ ആരാധനയും അള്ളാഹുവിനാണ് മുഹമ്മദ് അബ് പ്രവാചകനാണ് ഇനിയും അല്ലാഹുവിനെ അല്ലാതെ ആരെങ്കിലും എന്തിനെങ്കിലും ആരാധിച്ചു കഴിഞ്ഞാൽ അത് പാപമാണ് അപ്പോ കർശനമായ ഇസ്ലാമിക നിയമം പാലിക്കുന്നിടത്താണെങ്കിൽ അതിന് അവരുടെ മതഗ്രന്ഥങ്ങളെ പറഞ്ഞു വരെ കിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അതാണ് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയതിന്റെ ഗുണം വിഗ്രഹാരാധന നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റുന്നു പക്ഷെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന എന്താണ് അങ്ങനെ ഇസ്ലാം ഈ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധരായി വിഗ്രഹാരാധന നടത്തി കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷിക്കാൻ പറ്റുന്നു കാരണം സെക്കുലർ സ്റ്റേറ്റ് ഇവിടെ പൂർണ്ണമായ ശരീരത്തിൽ നടപ്പിലാക്കാൻ പറ്റത്തുള്ളത് പക്ഷെ ഈ വിഗ്രഹാരാധകന്മാരെല്ലാം മരിച്ചതിന് ശേഷം അവിടെ പോകുന്നു നരകത്തിൽ പാപ ഫലമാണ് നരകം പ്രാചീനമായ എല്ലാ വിശ്വാസങ്ങൾക്കും വന്ന ഒരു സങ്കല്പമാണ് പാപം ഈ പാപത്തിന്റെ പിന്നിൽ ആരാണ് പുരോഹിതൻ തന്നെ ഒരു സംശയമുണ്ട് തന്റെ പൗരോഹിത്യ ആധിപത്യത്തിന് വേണ്ടി പുരോഹിതന്മാരുണ്ടാക്കി വെച്ച ഒരു ഏർപ്പാടാണ് ഈ പാപേരുന്നത് പിന്നെ നമ്മുടെ നമ്മളെ ജീവിക്കുന്ന എവിടെയാണ് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത നമ്മുടെ ഭരണഘടനയിലോ അതാണ് അടിസ്ഥാനപരമായ നിയമസഭയിൽ പിന്നെ നിരവധി നിയമങ്ങളുണ്ട് ഇതൊന്നും ഒരിടത്തും പാപത്തിന് ശിരക്ഷ വിധിച്ചിട്ടില്ല മനസ്സിലായത് ഇവിടെ സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങളുണ്ട് ഒഫൻസുകൾ രണ്ടിലുമുണ്ട് അപ്പോ ഒരു സിവിൽ കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുതർക്കം വന്നു ഒരു ഡിസ്പ്യൂട്ടാണോ തർക്കമാണ് നമ്മൾ കോടതിയിൽ പോയി പരിഹാരം കണ്ടെത്തും ചിലപ്പോ ചില കേസുകളിലൊക്കെ ഒരു കോമ്പൻസേഷൻ നമ്മളൊരിക്കലും ക്രിമിനൽ ബുക്കിന് പെടത്തില്ല അതൊരു ക്രൈമല്ല അപ്പൊ അത് പാവമല്ല അതിന് കോടതി ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കോടതിയിൽ അവിടെ ഒരു പരിഹാരം നിർവഹിച്ചു പിന്നെ തർക്കം പരിഹരിക്കുക എന്നുള്ളതിലും അതിന് പാവ പിന്നെ വരുന്നത് ക്രൈമാണ് അതിന് വേണ്ടിയിട്ടാണ് ക്രിമിനൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കോടതിക്ക് പോകാൻ പറ്റും നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും അവിടെ പരാതി കൊടുക്കും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്നിട്ട് കേസ് കോടതി കൊടുക്കും ഡയറക്റ്റ് പോകാൻ പറ്റില്ല അതിൻ്റെ ഇതെല്ലാം വിചാരണ അതെല്ലാം നടക്കും നടന്നിട്ട് എന്തെയും നമ്മുടെ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രത്യേകം പറയാം കാരണം മൈനർ ഒഫൻസും ഉണ്ട് കൊല്ലുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാപിറ്റൽ പണീഷണ അല്ല പിടിച്ചുപറി അക്രമം രാജ്യദ്രോഹം ഇങ്ങനെയൊക്കെ വരുന്ന നിരവധി കുറ്റങ്ങളുണ്ട് അതിനൊക്കെ അതിനനുസരിച്ചുള്ള ശിക്ഷ വരും അവിടെയും ഒരിക്കലും നമ്മുടെ നിയമങ്ങളുടെ ദുഃസിൻ എന്ന് പറയുന്ന ഒരു വിഷയം പാപം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അവിടെ കുറ്റവും ശിക്ഷയും ഇനി മൈനർ ഒഫൻസും ബസ്സിൽ കാറിൽ യാത്ര ചെയ്യും സീറ്റ് ബെൽറ്റ് എടുക്കും ഒരു ക്രൈം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കോടതിയിലും വിചാരണയും ചെറിയൊരു പെനാൽറ്റി റോഡ് വിജനമാണ് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കും പാപമല്ല പക്ഷേ അത് കുറ്റമാണ് ഏതെങ്കിലും സ്മൃതിയിലെഴുതിയിട്ടുണ്ടോ വിജനമായ റോഡിലൂടെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ പാപം കൊടുത്തു എന്തുകൊണ്ടാണ് കാരണം പാപം പ്രാചീനമായ സങ്കല്പം മാത്രമാണ് പഴയകാലത്തും കുറ്റശിക്ഷുണ്ടായിരുന്നു പഴയകാലത്ത് പുരോഹിതന്മാര് സ്മൃതികളുണ്ടാകും മനഃസ്മൃതി പോലുള്ള സ്മൃതി രാജാക്കന്മാര് ശിക്ഷ നടപ്പിലാണ് ദണ്ഡം അവരുടെ അധികാരത്തിൽപ്പെടുന്ന ദണ്ഡനീതി എന്ന് വെച്ചാൽ കുറ്റവും ശിക്ഷയും ഇന്നത്തെ പോലെ തന്നെ എല്ലാം വിചാരണ ചെയ്ത് നടപ്പിലാക്കും ഇന്നൊരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാത് എന്താണ് സമൂഹത്തിനെതിരാണ് ഒരു സിവിൽ പ്രോസിക്യൂട്ട് എന്ന് പറഞ്ഞ വ്യക്തികള് തമ്മിലോ വ്യക്തിയും പ്രസ്ഥാനവും തമ്മിലോ ഒരു ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞ എന്താണ് അത് ഈ സമൂഹത്തിനെതിരാണ് വിളിച്ചത് അതുകൊണ്ടാണ് അവിടെ ഗവൺമെന്റ് തന്നെ വാദിയായിട്ട് പ്രോസിക്യൂഷൻ അവിടെ കേസ് കടത്തുന്നത് സിവിൽ കേസിലങ്ങനെയല്ല അവിടെ പ്ലെയിന്റിഫാണ് വാദി വേറെയാണ് ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരുന്നാലും ഞാൻ ഈ പറയുന്ന പാവം എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നത് തീരെ ബോധമില്ലാത്തവർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കില്ല അത് അടിസ്ഥാനപരമായി ഇത്രയും കാര്യങ്ങളാണ് അപ്പോ ഇവിടെ നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ നിയമങ്ങളിലോന്നും ഈ പാപമല്ല കൈകാര്യം ചെയ്യുന്നു കുറ്റമുണ്ടവിടെ പഴയ സ്മൃതികൾ നോക്കിയാലോ അവിടെയും കുറ്റവും ശിക്ഷയുണ്ട് അഡീഷണലായിട്ട് പാപുണ്ട് അവിടെ സൂത്രർപ്പിണിയും അവര് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് ശിക്ഷ വീഴ്ച എന്നതാണ് എന്റെ ശിക്ഷ അപ്പൊ മോഷണം നടത്തി കള്ളം രാജാവ് ശിക്ഷ വീഴ്ച ചിലപ്പോൾ അവന് നൂറടിയായിരിക്കും അല്ലെങ്കിൽ അവന്റെ കൈ മുടിച്ചു കളഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ സ്മൃതികളിൽ പറയുന്ന ശിക്ഷ അതുണ്ട് പക്ഷെ അതിനപ്പുറം എന്താണ് പാപമെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് ഈ കുറ്റവും ശിക്ഷയ്ക്കും അപ്പുറമാണ് അത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രഹ്മഹത്യാ പാപം പഴയ കാലത്ത് ഏറ്റവും കിടത്ത പാപം അതിനും വലിയൊരു പാപ മനുഷ്യൻ ദൈവമായി അല്ല ദൈവം മനുഷ്യനായി ഭൂമി അവതരിച്ചു കഴിഞ്ഞാലും ആ ദൈവത്തിനും ബ്രഹ്മഹത്യാ പാപത്തിന് പ്രായച്ചത്തിൽ ചെയ്യും അവിടെയാണ് പ്രായച്ചത്തിൻ്റെ അത് എന്തുകൊണ്ട് ണനെ കൊല്ലുന്നത് കടുത്ത പാപാണ് ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചണ്ടാളൻ അവിടെ നിന്നും ആ പ്രശ്നം അവിടെയൊക്കെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അത്രയുണ്ട് മറ്റതെന്താണോ ശിക്ഷ മാത്രമല്ല പാപം കൂടെ ഉണ്ട് ഈ പാപമെന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്ന എന്തിനു വേണ്ടി പുരോഹിതൻ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് കുറ്റവും ശിക്ഷയ്ക്കും ഉപരിയായി പാപം അപ്പോ ബ്രഹ്മഹത്യാവാഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്താണോ വളരെ ദുരുപകാലം പല പല ജന്മങ്ങളിൽ അവൻ നരകം അനുഭവിക്കും അവിടെ ഇനി ജന്മങ്ങളൊക്കെ കൊണ്ടുപോകും നരകം കൊണ്ടുവരുന്നവർ കുറച്ചു മുമ്പ് ഒരു സംഭവം തന്നെ ഞാനും വേറെ ഒന്നിരണ്ട് സ്വാമിയും ഒരിടത്ത് ഇരിക്കുകയാണ് അവിടെ മാതാപിതാക്കള് അവരെ കൊണ്ടുവന്ന് കുട്ടികളുമായിട്ട് വേണം അല്ല ഒരു വളരെ വെകൃതി പയ്യൻ അപ്പോ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് പൊതുവെ അവര് പരാതി വരുകയാണ് ഇവനെല്ലാം വല്ലാതെ ഈ പയ്യൻ ആരെ അമ്മ അതി ശല്യമാണ് അപ്പോ ഞാനൊന്നും മിണ്ടിയില്ല കാരണം അടുത്ത പേരെ സ്വാമിമാരി അവര് കൈകാര്യം കേട്ടേ ഒരു സ്വാമിയും ചാടി വീഴുന്നു കാരണം ഉപദേശിക്കാൻ കിട്ടുന്ന അവസരം സ്വാമിമാരും കടത്തില്ല ചാടി വീ പയ്യനെ പിടിച്ചു നടത്തുക മാതാപിതാക്കളെയൊക്കെ ബഹുമാനം അഞ്ചൊരു ചതന്ത സ്വാമിയാകെ ആശുപത്രി കുട്ടിയെ പോയിക്കോട്ടെ തിരച്ചെറിയ വേനല്ലായിട്ടും പറഞ്ഞാൽ മനസ്സിലാകുന്ന പറയണു അപ്പോ അതെന്താന്നുള്ള ചോദ്യത്തിന് ഞാനത് വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് സ്വാമി അത് കൈകാര്യം ചെയ്യുന്നത് എനിക്കറി അപ്പൊ സ്വാമി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല സ്വാമി മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പാപം കിട്ടും ഉടനെ പോയി ചോദിക്കും ആ എന്തോന്ന് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ് ആ എന്താ ആ ഞാൻ പറയും ഉപകൃതിക്കും അപ്പൊ സ്വാമി പറയുന്നു അത് പാപം കിട്ടിക്കഴിഞ്ഞാല് നരകത്തിൽ പോകും വാങ്ങി ചോദിക്കണം അതെവിടെയാ അടുത്ത് കേൾക്കും അപ്പൊ സ്വാമി അങ്ങും ആയപ്പോ തന്നെ സ്വാമി വരഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം അവന്റെ കുറ്റമാണ് സ്വാമിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു എന്താണ് ഇവന്റെ ചോദ്യം എന്നൊക്കെ സ്വാമിക്ക് ശരിയായിരിക്കും മറുപടി പറയാനുള്ളത് അതും അവന്റെ തടി വയ്ക്കുകയാണ് അവൻ മൈൻഡേ ഇവരുടെ ഈ സംഭാഷണം അതവിധി ബഹുമാനിക്കാന്നുള്ള ഞാൻ എന്താ അവൻ അറിയുന്നു എന്താണ് പാപമെന്നറിയത്തില്ല അവൻ മനസ്സിലാത്തില്ല അവൻ ഇന്നത്തെ ലോകത്തഞ്ചു എന്താണ് നരകം എന്നതിന് മനസിലായി കൊടുക്കാൻ കഴിയുന്നത് അപ്പോ ഒരു കാലഘട്ടത്തിന് ഇത് മതിയത് ഇന്നത്തെ തലമുറക്ക് അത് പറ്റത്തില്ല ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കൊണ്ടാണ് മനുഷ്യൻ പിടിച്ചു തരുന്നതാണ് ആദിമ പാപവും സർക്കെന്നും ഇവിടെ പറയുന്ന പോലെ ബ്രഹ്മഗത്യാ പാപം എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ കൈകാര്യം ചെയ്ത് ഇന്നത് പറ്റില്ല എന്തുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു രാജ്യത്തെ ജീവിക്കുമ്പോൾ സ്റ്റേറ്റിന്റെ നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്താണ് അത് കുറ്റമാണ് പലതരത്തിലാണ് ശിക്ഷ പലതരത്തിലാണ് അപ്പോൾ ഇന്നത്തെ മനുഷ്യനെ കുറ്റവും ശിക്ഷയും ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും വേണ്ട പാപത്തെക്കുറിച്ചത് അതവർക്കും മനസ്സിലാക്കുക പാപമൊരു കല്പന മാത്രമോ ശിക്ഷറങ്ങനല്ല നമ്മുടെ ജീവിതത്തിൽ നേട്ടം അനുഭവിക്കുന്നതാണ് ഇപ്പോ കുട്ടികളെ അങ്ങനെ ബോധമുള്ളവരാക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബോധം ഉറച്ചു വരുമ്പോഴെങ്കിലും അവർ നിയമത്തെ ഭയക്കും ഭയന്നേ പറ്റൂ സീനിയർ സിറ്റിസൻസ് ആക്ട് രണ്ടായിരത്തി ഏഴ് കേട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞിരിക്കേണ്ട കാര്യം അതായത് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട് നമ്മൾ അവരുടെ സ്വത്തിന് അവകാശമാണെങ്കിൽ നിങ്ങൾ നേരെ വീട് ഉപേക്ഷിച്ച് ആശ്രമത്തിൽ കൊണ്ട് താമസിച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രൈബ്യൂണലുണ്ട് അവർക്ക് പരാതി കൊടുക്കാം ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല ഓടിക്കളഞ്ഞു നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഒരു വർഷം ജയിലിലിടും കുറഞ്ഞ ശിക്ഷയാണ് പ്രഭാ പഴയത്വം പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ കാലമായിട്ട് നിങ്ങളകത്തായി നമ്മളൊക്കെ ഇറങ്ങിയപ്പോൾ ഈ നിയമൊന്നും ഇല്ല ഉണ്ട് അന്നുമുണ്ട് ഭരണഘടന അതി ട്രൈബ്യൂണലൊന്നും ഉണ്ടായിരുന്നു അപ്പൊ പാപം കിട്ടുമെന്ന് പഠിപ്പിച്ചാൽ പറ്റത്തില്ല മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല മാതാപിതാക്കൾക്കെതിരായി അബ്യൂസ് മോശമായ വാക്കുകൾ പ്രയോഗിക്കുക പിന്നെ അവരെ മാനസികമായി പീഡിപ്പിക്കുക മാനസികമായി പീഡനമെന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്താൽ പ്രത്യേകിച്ചും സീനിയർ സെറ്റിസൺ സീനിയർ സെറ്റിസൻ അറുപത് വയസ്സ് കഴിഞ്ഞവര് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തെ തടവാണ് ഇനി ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ചെയ്തിക്കിടങ്ങി അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങളെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് ഇതൊക്കെ കുട്ടികൾക്ക് കുസഹൃതികളാണ് അത് ഒന്നും കാര്യമുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവർ മുതിർന്നു വരുമ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ബോധമുണ്ട് ഇപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ പാപം കിട്ടും എന്നുള്ളതല്ല അവര് ക്രിമിനൽ ഒഫൻസാണ് നിങ്ങൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായി ശിക്ഷ അതാണ് ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം മറ്റേതെന്താണ് പാപം എന്ന് പറയുന്നത് എന്തോ പാപം കുറച്ചു കഴിയുമ്പോൾ വളർന്നു വരുമ്പോൾ അവന് പാപം പുണ്യു ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം ഈ ലോകത്തിലേ ജീവിക്കുക അവന് പാപം പുണ്യുമെന്നുള്ള ചിന്തയൊന്നും അവനുണ്ടാകത്തില്ല പക്ഷെ അവന് നിയമവ്യവസ്ഥയെക്കുറിച്ച് ബോധമുണ്ട് കുറ്റത്തെക്കുറിച്ചും അതിന്റെ ശിക്ഷയെക്കുറിച്ചും ബോധമുണ്ടെങ്കിൽ അവൻ കുറച്ചുകൂടി ജാഗ്രതയുള്ളവനായിരിക്കും ഒന്നുകൂടി അവൻ ചിന്തിക്കും പിന്നെ അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ സ്വബോധത്തിൽ ചെയ്യുന്നതായിരിക്കില്ല അല്ല ലഹരിക്കപ്പെട്ട് അവന് ചെയ്യാൻ പറ്റി മാതാപിതാക്കളെ ഉദ്രവിക്കാൻ പറ്റി സ്വബോധത്തോടെ ചെയ്യും ആ ലഹരിക്കടുവപ്പെട്ട് അവനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ കുറിച്ച് ചിന്തിക്കുന്നില്ല അവന് നിയമവും ഇല്ല നരകവും പാപവും ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്ത് വേണം നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള നിയമത്തെക്കുറിച്ചുള്ള സാമാന്യ ബോധം നമ്മൾ വക്കീലാകേണ്ട കാര്യം ഈ സാമാന്യമായ ബോധം നമുക്കില്ല ആ ബോധമില്ലാത്ത കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നു നമ്മളെ ആരും ഈ ട്രൈബ്യൂണലുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ രക്ഷപ്പെടുന്നു നമ്മളെ ആരും എന്താണ് നിയമ സംവിധാനത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകും ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ശിക്ഷാർഹരാണ് അവിടെ പാപം ഭംഗിയും അതിന്റെ ഒരു പ്രശ്നമേ കാരണം എന്താണ് ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നതാണ് അല്ല ഒരു വ്യക്തിയോട് ചെയ്യുന്നല്ല അതിന്റെ ഫലം എന്ന് പറയുന്നത് പാപമല്ല ശരിക്കുള്ള ശിക്ഷയാണ് പിന്നെ ഈ പാപം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ എന്താണ് പഴയ കൾച്ചർ അതിനുണ്ടായത് മതങ്ങളുണ്ടാക്കിയതും അന്ന് ജനങ്ങളെ പേടിപ്പിക്കാൻ അതിലൂടെ എന്താണോ ജനങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ നന്നാക്കാനെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നായിട്ടില്ല അത് നമ്മള് മനുഷ്യന്റെ പേരിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുകയും അവരെ സ്വാധീനത്തെ നിർത്തുകയും ചെയ്തുകൊണ്ടും മനുഷ്യൻ നന്നാകും അവര് റിവോൾട്ട് ചെയ്യും അതിനെതിരായ പ്രതികരിക്കും അധികം ശ്രദ്ധിക്കാൻ അതാണ് ജനങ്ങളൊക്കെ ഈ മതങ്ങളുടെ പിടിയിൽ നിന്നും മാറി മാറി വരും കുറെശയാണ് മുമ്പോട്ട് ചെല്ലുമ്പോൾ അതിന്റെ ആശ്രേഷൻ കൂടും വളരെ വേഗത്തിൽ മനുഷ്യൻ ഇതിൽ നിന്ന് പുറത്ത് ചടച്ചു യൂറോപ്പിലൊക്കെ അതാണ് നടക്കും അപ്പൊ അതൊക്കെ ശരിയല്ല എന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കും അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസം അത് ഞാൻ പറയാൻ കാരണം പിന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാനെന്ത് ചെയ്ത് തെറ്റാണല്ലോ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണ ഈ നമ്മുടെ നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധം വേണം തെറ്റാണോ ശരിയാണോ അതല്ല വരെ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കാൻ വരെ കഴിയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും എനിക്കിതാണ് ശരി ഇന്ന് ഒരാൾ പറയൂ വേറെ ആൾ പറയോ എനിക്കിതാണ് ശരി നിന്റെ ശരിയല്ല എന്റെ ശരിയെന്ന് പറയും അത് നടക്കില്ല കാരണം നിയമവ്യവസ്ഥകൾ രാജ്യത്തെ നമ്മൾ ജീവിക്കും എന്റെ ശരി നിന്റെ ശരി അങ്ങനെ അത് നിയമം നിർദ്ദേശിക്കുന്ന അതിൽ നിങ്ങൾക്ക് ബാധിക്കാം അതിന് നിങ്ങൾക്ക് നിർവചനങ്ങൾ ഉണ്ടാക്കാം ഭേദഗതികൾ ഉണ്ടാക്കാം അതൊക്കെ മറ്റൊരു വിഷയമാണ് അതൊക്കെ ചിലപ്പോൾ നിയമത്തിന്റെ ന്യൂനതയാകും ചിലപ്പോൾ നിയമത്തിന്റെ മേന്മയാകും അതൊക്കെ സംഭവിക്കും ഇവിടെ ഒന്നും പെർഫെക്റ്റ് അല്ല പക്ഷെ എന്താണ് നമ്മുടെ വ്യവസ്ഥിതി എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കും അവിടെ പാപത്തിനല്ല സ്ഥാനം മറിച്ച് ഒഫൻസ് അതിനാണ് അതുകൊണ്ട് വൃത്തിയായി മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് പഴയൊരു സങ്കല്പമാണ് അതുകൊണ്ട് നമ്മള് എന്താണോ ആധ്യാത്മികമായി ജീവിക്കുന്നവരും ഒരുപാട് നിയമലംഘനങ്ങളിൽ അറിയാതെ അപ്പൊ അത് ലംഘിക്കാൻ പാടില്ല എന്ന് നമുക്ക് ബോധ്യം വന്നാൽ അപ്പം നിർത്തണം സിവിൽ ആയാലും ശരി ക്രിമിനൽ ആയാലും ശരി നമ്മളത് നിർത്തുന്നവണ എന്തുകൊണ്ടത് നമുക്ക് അതിന് പെനാൽറ്റിയുണ്ട് അതുകൊണ്ട് ചെറുതായാലും വലുതായാലും ശരി ചിലപ്പോൾ അമ്പത് വരെയായിരിക്കും ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നാലും അതിൽ പെനാൽറ്റി ആണ് അതിനാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത് നമ്മള് സീറ്റ് വലിച്ചിട്ടുണ്ടാകാതിരുന്ന അമ്പത് രൂപ ആയിരിക്കും ചിലപ്പോൾ ശിക്ഷ അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ അത് ചെയ്യാതിരിക്കും ചിലപ്പോ നമ്മളറിയാതെ ചെയ്യുന്നു എല്ലാവരും ശിക്ഷ ചിലപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് അറിയാതെ വണ്ടി ഓടിക്കുമ്പോൾ സുഖം അറിയാ അറിയാതെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവിടെ ശ്രദ്ധ വേണം ഒരു ശിക്ഷയ്ക്ക് വിധേയനായും വേണ്ട ഫയനടച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ പലപ്പോഴും രക്ഷപ്പെടുന്നുകൊണ്ട് റോഡിൽ എല്ലായിടത്തും ക്യാമറ ഇല്ലായിരുന്നു ഇപ്പൊ എത്ര ഫയന് ഞാൻ അടയ്ക്കേണ്ടതു ഞാൻ ചെയ്ത ശരിയാണോ ഒരിക്കലും വേണ്ട തെറ്റാണ് ബോധപൂർവം ചെയ്യാറില്ല ബോധം ഇല്ലാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങനെ കുറ്റത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമുള്ള മനുഷ്യന്റെ ആധുനികമായ കാഴ്ചപ്പാടാണ് വേണ്ടത് ലസിന് അല്ല പാമാണ് അതുകൊണ്ടിന്ന് നമുക്ക് കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇനിയുള്ള മനുഷ്യരൊന്നും അതിനൊന്നും വിശ്വസിക്കട്ടെ അല്ലാതന്നെ അവർക്ക് അറിയാമല്ലോ പിന്നെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും നാളെ ഫൈനടക്കേണ്ട രണ്ടിനുമുള്ള വ്യത്യാസം പിന്നെ ഇതിൽ ഈ വിഷയത്തിൽ കൂടുതലായി ആർക്കൊരു സംശയമുണ്ടെങ്കിൽ ഇത് വരുന്ന ഒരു സമയത്തേക്ക് പറയാം തൽക്കാലം നിർത്തുന്നു ഇനി വരാൻ പോകുന്നത് പതിവ് പോലെ